അള്ളാഹു സുബഹാനഹുവ ചയാലയ്ക്ക് സർവ്വസ്തുതിയും എന്നു പറയുക അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരും അപ്പോൾ നിങ്ങൾ അവയെ തിരിച്ചറിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല